നീ ഒരിക്കലും അവിടെ നമസ്കാരത്തിന് നിൽക്കരുത് ആദ്യ ദിവസം മുതൽ തന്നെ തക്വയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് നീ അവിടെ നിൽക്കാൻ ഏറ്റവും അനുയോജ്യം ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ അവിടെയുണ്ട് ശുദ്ധിയാകുന്നവരെ അള്ളാഹു സുബഹാനഹുവത്ത ആല ഇഷ്ടപ്പെടുന്നു